അവർ ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യത്തിന് അള്ളാഹു സുബഹാനഹുവ ചായാല അവർക്ക് പ്രതിഫലം നൽകുന്നതിനും തൻറെ അനുഗ്രഹത്തിൽ നിന്നവർക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നതിനും വേണ്ടിയാണത് അള്ളാഹുസുബഹാനുഹുവ ചായാല താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ഉപജീവനം നൽകുന്നു